വിശ്വാസം ദൃഢമാക്കി അതിലൂടെ ഉപകാരം ലഭിച്ച ഒരു ജനപദവും ഉണ്ടായിരുന്നില്ലേ യൂനുസലൈഹിസലാമിന്റെ ജനത ഒഴികെ അവർ വിശ്വസിച്ചപ്പോൾ ദുനിയാവിന്റെ ജീവിതത്തിൽ അപമാനകരമായ ശിക്ഷയെ നാം അവരിൽ നിന്ന് നീക്കി ഒരു നിശ്ചിതകാലം വരെ നാം സുഖഭോഗങ്ങൾ നൽകുകയും ചെയ്തു